ഒന്നറിയപ്പെടുന്നത് ഇല്ല എന്നറിയപ്പെടുന്നു അവിടെ രണ്ടെണ്ണം ഉള്ളതിലേ പ്രാപഞ്ചികന്മാരുടെ നിലയല്ല പറയുന്നത് ഒന്നുണ്ട് എന്നറിയുന്നു ഏകമായ ബ്രഹ്മം ഉണ്ട് എന്നറിയുന്നു ഒന്ന് അതില്ലെന്നും ഒന്ന് അറിയപ്പെടുന്നത് ഇല്ല എന്നറിയുന്നു ഏതൊരറിവിലാണോ നീ എന്ന പദം കൊണ്ട് ജീവാത്മാവും അതിന് പിന്നിലെ പൂർണ്ണമായ അറിവായ ബ്രഹ്മവും ആ ബ്രഹ്മം നിന്നെ അറിവിട്ട് തൻ്റെ സ്വരൂപത്തിൻ്റെ ഒരംശം കൊണ്ട് അത് ഗുരുദേവന്റെ ദൈവദശയത്തിൽ ഒരു വികാസമുണ്ട് ആളിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയും എന്നുള്ളിലാകണം അതിൽ ആഴി തിര കാറ്റ് ആഴിയിലെ തിര അംശാംശീബന്ധത്തിര അതുകൊണ്ട് അവരുടെ ഒരു വികാസമുണ്ട് വിശിഷ്ട അദ്വൈതത്തിൽ അദ്വൈതത്തിലെ ജീവബുദ്ധിയു ദേഹബുദ്ധ്യ ദാസോഹം ജീവബുദ്ധിയ ആത്മബുദ്ധിയമേവാഹം ഈ വികാസം ദേഹത്തിൻ്റെ തലത്തിലാണ് പഠനങ്ങളെങ്കിൽ സർവവ്യാപകമായ ഈശ്വരനും പരിമിത അംഗക്കരണനായ ജീവനും ശരീരബുദ്ധിയാണ് യജമാനദാ സ്വഭാവത്തിലാണ് രണ്ടാണ് ദ്വൈതമാണ് ശരി ഈശ്വരനെ ഈട്ടുധാതുവിൽ നിന്ന് യജമാനനും തന്നാസനമെന്ന് ഭാവിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ആ തലത്തിൽ ദൈതഭാവനയാണവർ അതാണ് പണ്ട് ദേഹബോധമൊക്കെ പോവാത്തൊരു യുവാവി എന്നൊരു സ്വാമിയെ കണ്ടു അപ്പൊ അദ്ദേഹം എല്ലാവർക്കും ഒരേ മന്ത്രം കൊടുക്കുന്നയാളാണ് ചെന്നാൽ ഉടനെ കാരണം അദ്ദേഹം ആ സനാതന സത്യത്തിന്റെ മുകളിലിരിക്കുന്നയാളാണ് അപ്പൊ അദ്ദേഹം ചെന്നപാടെ അവനെയും ബ്രഹ്മമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഉപദേശം കൊടുത്തു സോഹം സന്തോഷമായി മന്ത്രദീക്ഷയൊക്കെ ഈ മന്ത്രദീക്ഷ വലിയൊരു കാര്യമാണ് ഇപ്പൊ ഇതൊക്കെ ഒരാഴ്ചത്തേക്കുള്ള ഏർപ്പാടുള്ളൂ ഒരാഴ്ച കൊണ്ടുപിടിച്ച് എവിന്നെ ഇത് ചുരുട്ടിക്കെട്ടി പത്താം പുറത്ത് വെച്ചിട്ട് അടുത്ത സ്വാമിയെ അന്വേഷിക്കും പുതിയൊരു മന്ത്രദീക്ഷ കിട്ടാൻ കാരണം മാറ്റത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ദിവസം അടച്ച് പിടിച്ചിരുന്ന് പിടിച്ചു നോക്കിയിട്ട് ഒരു മാറ്റവും ഇല്ല പണ്ടത്തതിന്റെ പിന്നത്തതാണ് കോപമൊക്കെ ഇപ്പം കൂടുതലാണ് പിള്ളേരും പറയുന്നുണ്ട് ദീക്ഷ കൊണ്ടൊന്നും ഒരേ കാര്യവുമില്ല എന്ന് ബോധ്യായി അത് കാരണം പുതിയൊരു സ്വാമിയെ കണ്ടോ പറഞ്ഞൊരു മന്ത്രദീക്ഷ വേണല്ലോ അതേവരെണ്ണം പുതുതുകൊടുക്കും പിന്നെ അതേലൊന്ന് പിടിച്ചു ഇങ്ങനെ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു മിക്കവാറും ആളുകളുടെ കയ്യിൽ ഈ മന്ത്ര ദീപ്സീ ചില കടയ സാധനം വാങ്ങിക്കാൻ ചെല്ലുന്ന പോലാണ് അവിടെ എല്ലാ ദൈവങ്ങളും ഉണ്ട് ഒരു ദൈവത്തോടും ബഹുമാനം ഉണ്ടായിട്ടില്ല കൺസ്യൂമർക്ക് ഇഷ്ടമുള്ള ദൈവമെല്ലാം ഇവിടെ ഉണ്ടെന്നുള്ള പേരിൽ വാങ്ങിച്ചു കൊണ്ടുപോകാൻ എല്ലാ ഹൈന്ദവ ദേവതകളും എല്ലാ ക്രൈസ്തവ ദേവതകളും എല്ലാ ഇസ്ലാമിക ദേവതകളില്ലെങ്കിലും അവർക്ക് പടമൊന്നുമില്ലെങ്കിലും കേരളത്തിലെ കച്ചവട സ്ഥാപനങ്ങളിൽ ചെന്നാൽ പടമുണ്ടാവും കാരണം എന്താ വെച്ചാൽ ആരെയും പിണക്കണ്ടെന്നുള്ളതാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ ദേവതകളുടെയും ഓരോ മന്ത്രം അത്യാവശ്യം കയ്യിലുണ്ടാവും അപ്പൊ ഇതങ്ങനെയല്ല ഇത് പൂർണ്ണ പ്രജ്ഞനായ ഗുരു അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് വണങ്ങി ഉപാസനയ്ക്കൊരു മന്ത്രം വേണമെന്ന് പറഞ്ഞു അദ്ദേഹം വൈദിക മന്ത്രമൊന്നും അല്ല കൊടുക്കുക വൈദിക മന്ത്രം ഗായത്രിയും പഞ്ചാക്ഷരിയുമാണ് ശിവപഞ്ചാക്ഷരിയാണ് ബാക്കി പലതും വൈദിക മന്ത്രങ്ങളല്ല പുരാണ പ്രസിദ്ധങ്ങളാണ് ശിവപഞ്ചാക്ഷരി വൈദിക മന്ത്രമാണ് വൈദിക മന്ത്രങ്ങളിൽ സർവ്വപ്രാധാന്യമുള്ളതാണ് വൈദ്യുതി ചെന്നപ്പോൾ അദ്ദേഹം കൊടുത്തത് സോഹമാണ് അപ്പൊ വളരെ കാര്യമായിട്ട് വിളിച്ച് പ്രദേശത്ത് കൊടുത്തു ഇവൻ പോയിരുന്നു അങ്ങനെ ജപിക്കുക ഇവനീ ജപിച്ച് ജപിച്ചു കയറി വരുന്നത് കണ്ടപ്പോൾ വേറൊരു ഗുരു ഇവൻ്റെ വീട്ടിൽ കൂടെ പോയി അവിടെ ചെന്ന് ഭിക്ഷയൊക്കെ കൊടുത്ത അമ്മ അമ്മ പറഞ്ഞിങ്ങനെ ഒരു രക്ഷയിൽ ഇപ്പോൾ സോഹത്തിലാണെന്ന് പറഞ്ഞു ഇദ്ദേഹം വിളിച്ചു പണ്ടേ പരിചയമുള്ള കുട്ടിയായിരുന്നു പോലെ അടുക്കള വിളിച്ചിട്ട് ചോദിച്ചു എന്താടാ ജപിക്കുന്നത് സോഹം എവിടെ ഒരു അക്ഷരം കുറവുണ്ടായിരുന്നു ഒരക്ഷരത്തിൻ്റെ കുറവുണ്ട് നീ കേൾക്കേണ്ട അദ്ദേഹം പറഞ്ഞു തരാതിരിക്കില്ല നീ കേട്ടില്ല ഓ ഗുരുദേവ എന്നാൽ അതെന്ന് പറഞ്ഞു തന്നാൽ ദാ എന്നൊരു അക്ഷരത്തിൻ്റെ കുറവുണ്ട് തുടങ്ങി അപ്പം അമ്മ പിന്നെ ഗുരുവിനെ കണ്ടപ്പോൾ പറഞ്ഞു കുറച്ച് മര്യാദയായിട്ടുണ്ട് ഇപ്പം ഞങ്ങളെയൊക്കെ കണ്ടാൽ വലിയ കുഴപ്പമില്ല ഇവൻ ഇപ്പം മര്യാദക്കാരനായിട്ടൊരു മാതിരി പെരുമാറുന്നുണ്ട് അങ്ങനെ ഇരിക്കുക ഒരു ഒരു കൊല്ലം ജപമൊക്കെ മുഴിപ്പിച്ചു കഴിഞ്ഞ് പഴയ ഗുരുവിനെ ചെന്ന് കാണാൻ അവിടെ ചെന്ന് കണ്ടു കണ്ടവ പറഞ്ഞു ഇങ്ങനെ ഒരു ഗുരു വന്നിരുന്നു അങ്ങ് പറഞ്ഞതിൽ ഒരു അക്ഷരത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു ഒരു ആ കുഴപ്പമില്ല പക്ഷേ ഇനി ഒരു കൊള്ളം ജവിച്ചില്ലേ അതുകൊണ്ട് ഒരക്ഷരവും കൂടെ ചേർത്ത് ജവിച്ചു അതിന്റെ അടുത്ത പടി തരാമെന്ന് അദ്ദേഹം പൂർണപ്രജ്ഞനായ വീണ്ടും എൻ്റെ രക്ഷപ്പെട്ടോട്ടെ ഒരു സായും കൂടെ ചേർത്ത് ദാസോഹത്തിന്റെ കൂടെ സാ ചേർത്തപ്പോ സദാസോഹം സംഗതി ഇവൻ സദാസോഹത്തിലായപ്പോ ഒന്നുകൂടെ കുന്തിച്ചൊക്കെ ഇരിക്കാൻ തുടങ്ങി ജപമൊക്കെ തുടങ്ങി അച്ഛനും അമ്മയ്ക്കും നിവർത്തിയില്ലാതായി അമ്മയെന്ന പഴയ ആചാര്യനെ കണ്ടു സംഗതി പറഞ്ഞു ഇപ്പൊ ഇത്തവണ പോയച്ചു വന്നിട്ട് യാതൊരു ലക്ഷ്യമില്ല ദുർവാസാവ് വ്രതമെടുത്തു വന്ന പോലുണ്ട് യാതൊരു നിവർത്തിയില്ല കാരണം ഞാൻ അമ്മയാണെന്നൊന്നും തോന്നലില്ല ഇപ്പൊ ഞാൻ അവന്റെ പാദപൂജയൊക്കെ ചെയ്യേണ്ട ഗതികേടിലാണ് രാവിലെ പതിവായിട്ട് പാദത്തേൽ പൂജയൊക്കെ ചെയ്യണം സാറെല്ല ഞാൻ ഒന്ന് പറഞ്ഞു എന്താടാ മന്ത്രമൊക്കെ എന്തായി ഗുരുദേവ ഒരു അക്ഷരവും കൂടെ ആകാം എന്നാണ് കേക്കട്ടെ പറഞ്ഞു സദാ ആ ഇതല്ലേ പറഞ്ഞേ അദ്ദേഹം പറയുമ്പോൾ മുഴുവൻ കേൾക്കാറില്ല ഒരു അക്ഷരവും കൂടെ ചേർക്കാനാണ് ഒരു ദൈകൂടെ ചേരാൻ ദാസദാസോ ദാസന്റെയും ദാസനാകാം ഒരു ഭക്തരിയ്ക്കുന്ന ദിക്കിനെ കൂടെ കുമ്പിടുന്ന വിധം ദാസന്റെ ദാസനാവുക ദിനം വേണം ഇല്ലെങ്കിൽ വിദ്യ വിള്ളങ്ങയില്ല ജലം തുടങ്ങി അമ്മ ഉറങ്ങിപ്പോകും ഒരാഴ്ച അമ്മ ഗുരു ഗുരുവിനെ വിളിച്ചിട്ട് ഉറങ്ങും നമസ്കാരമുണ്ട് കാരണവച്ചാൽ പയ്യൻ ഒരുമാതിരി അപ്പം ഈ ജനിക്കുമ്പോഴും ഈ മാറ്റം ദേഹബുദ്ധിയിൽ നിൽക്കുന്നവൻ ദാസഭാവത്തിൽ ഈശ്വരനെ പഠിക്കണം ജീവബുദ്ധിയിലേക്ക് വികസിച്ചാൽ ത്വദംശതി അംശാംശി ബന്ധത്തിൽ വഹിക്കണം ആത്മബുദ്ധിയിലേക്ക് വികസിച്ചാൽ ത്വമേവാഹമെന്ന് വികസിക്കണം ഇല്ലെങ്കിൽ മൂന്നും മാറിപ്പോയാൽ അപകടമാണ് അതുകൊണ്ടിതെല്ലാം പഠനത്തിൻ്റെ ഓരോ വഴിയാണ് അപ്പോൾ അതിൻ്റെ ഒരംശം കൊണ്ട് ബ്രഹ്മ ത്തിൻ്റെ അംശം സ്വരൂപാംശം കൊണ്ട് അതാണിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് അത് മറ്റൊന്നിൽ പറയുമ്പോഴും ജലവും തരംഗവും അംശാംശി ബന്ധമാണ് മുദ്ഭുതവും അതിനു അംശാംശി ബന്ധമാണ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ പുതിയ കാഴ്ചകൾ അറിവിൻ്റെ ഒരു ഭാഗം കേവലമല്ലാതെ സ്വദ്ദേശ്യമായി സ്വാഭാധികമായി സാപേക്ഷമായി അറിവുകളുടെ തോന്നലുണ്ടായാൽ ഏത് അറിയുന്നവൻ അറിയപ്പെടുന്നതായി തോന്നുന്നത് ഈ ദൃശ്യവികാസക്രമം എങ്ങനെയാണ് നോക്കാം അറിവും അതിൻവണ്ണം ചെന്ന് അറിയുന്നവരിൽ പകർന്നു പിന്നീടും അറിയപ്പെടും ഇതിലൊന്നീ അറിവിൻ പൊരിവീണ് ചീന്തി അഞ്ചാൽ അറിവും അതിൻവണ്ണം ചെന്ന് അറിയുന്നവരിൽ പകർന്നു പിന്നീടും അറിയപ്പെടുും ഇതിൽ ഒന്ന് ഈ അറിവിൽ പൊരിവീണ് ചീന്തി അഞ്ചായി വ അതിൽ നിന്ന് പകർന്ന് പിന്നീട് അറിയപ്പെടുന്ന ഇതിലൊന്ന് അറിവിന്റെ പൊരി വീണ് അറിവിൻ പൊരി അറിവിൻ പൊരി തന്മാത്രയോഗത്തിന്റെയൊക്കെ എക്സക്റ്റ് മലയാളം തന്മാത്രയിൽ നിന്നും ആ സൃഷ്ടിക്കണം വരുന്നത് ഇത് തിരിച്ചു പോവും ഇതിൽ കാശ്മീരി ശൈവാഗമങ്ങളുടെ സ്പർശുണ്ട് കാശ്മീരി ശൈവാഗമങ്ങളാണ് സൂക്ഷ്മമായി പ്രപഞ്ചത്തെ അഴിച്ചിട്ടുള്ളത് അവിടെയാണ് കണാദിനെയും കടന്നു പോകുന്നത് ശാസ്ത്രകാരന്മാർ പാര ശാസ്ത്രാരന്മാർ പരമാണുവിനും അപ്പുറം പോകുന്നവർ പരമാണുവിന്റെ ഫലം എന്നതിനെ കടന്നുപോകുന്ന ശാസ്ത്രജ്ഞന്മാർ കാശ്മീരിലാണ് ഉണ്ടായിരുന്നു ശൈവാഗമങ്ങളോട് ബന്ധപ്പെട്ടു അവരെ ഇല്ലായ്മ ചെയ്യാനാണ് സ്വാതന്ത്ര്യം കഴിഞ്ഞ് നിങ്ങളുടെ ഇന്ത്യ ഗവൺമെന്റും പാകിസ്ഥാനും കരാറിൽപ്പുവയ്ക്കുന്നത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ബ്രിട്ടനെ ഏറ്റവുമധികം വേദനിപ്പിച്ചിട്ടുള്ളത് കാശ്മീരിലാണ് ബൗദ്ധായന സമ്പ്രദായത്തിന്റെ അറിവിൻ്റെ മുമ്പിലാണ് അന്ന് ലോകം ഏറ്റവും വിറങ്കരിച്ചത് അതുകൊണ്ട് ഏറ്റവുമധികം പീഡനങ്ങൾക്ക് വിധേയരായവർ സ്വതന്ത്ര ഇന്ത്യ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ അധികാരമേൽക്കുമ്പോൾ ഏറ്റവും പീഡിക്കപ്പെട്ടത് പീഡിപ്പിക്കപ്പെട്ടത് പണ്ഡിറ്റുകളാണ് അവരുടെ സ്വത്തിനും ഭൂമിക്കുമാണ് യാതൊരു ഉറപ്പും ഇന്ത്യയിൽ കിട്ടാറുണ്ട് അവരുടെ ഗ്രന്ഥ സമുച്ചയങ്ങളാണ് ഗ്രന്ഥശാലകളിൽ ഒന്നിച്ചു കൂട്ടിയിട്ട് തീട്ടത് എന്നിട്ട് അവയിൽ ചിലത് ശേഷിക്കുന്നു എന്നതാണ് വസ്തുത ഇതൊന്നും നിങ്ങൾക്കറിയുന്ന ചരിത്രമായിരിക്കില്ല പോയി പഠിച്ചു ആ ബൗദ്ധായന സമ്പ്രദായത്തിന്റെ സങ്കല്പ സാമ്രാജ്യത്തിലാണ് സന്യാസംന്ന് നിലകൊള്ളും അല്ലാ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിൽ സന്യാസമില്ല ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം സന്യാസത്തെ ബഹുമാനിച്ചിട്ടുമില്ല സന്യാസം ബൗദ്ധായന സമ്പ്രദായത്തിന്റെ കളിത്തൊട്ടിലാണ് സന്യാസിമാർക്ക് പോലും ഇതത്ര അറിയും എന്ന് എനിക്കറിയില്ല ഇന്ത്യൻ സന്യാസ സമ്പ്രദായം ശൈവമാണ് അതിൻ്റെ പരമ്പര ഓർന്നുവരുന്നത് ദക്ഷിണാമൂർത്തിയിൽ നിന്നാണ് ശങ്കരാചാര്യെ മധ്യമനാക്കി ദക്ഷിണാമൂർത്തിയിൽ ആരംഭിച്ച് സ്വന്തം ഗുരുവരെയുള്ള നിന്റെ പരമ്പരയുടെ ചരിത്രമാണ് അത് ശൈവാഗമങ്ങളിലൂടെ അതിന്റെ അറിവിന്റെ തലങ്ങൾക്ക് പ്രത്യേകതയുള്ളൂ അതിലറിവ് വരുന്നത് പഠിച്ചിട്ടല്ല ശിവശീർഷത്തിൽ നിന്ന് വരുന്ന നർമ്മദ കേട്ടുണ്ടോ എന്നറിയില്ല നർമ്മദ എന്നൊരു നദിയെ കേട്ടുണ്ടോ എന്നറിയില്ല ദീക്ഷ കൊടുക്കുന്ന ഗുരു നർമ്മദയ്ക്ക് പരിക്രമണം ചെയ്യാനാണ് വിടുക പരിക്രമണത്തിൽ പോകുന്നവൻ പരിക്രമണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വെച്ച് അനുഭൂതി സമ്പന്നനായാൽ തിരിച്ചു മടങ്ങി ഗുരുവിന്റെ അടുക്കിലെത്തി ബ്രഹ്മവർച്ചസായി കാണുമ്പോൾ ഗുരുദീക്ഷ പൂർണ്ണമായി പൂർണ്ണതീക്ഷിതനായി എന്ന് പറഞ്ഞു വിടുകയാണ് ഇതാണ് പ്രാചീന സമ്പ്രദായം അനുഭൂതികൾ ഉണ്ടായില്ലെങ്കിൽ നർമ്മദയ്ക്ക് വീണ്ടും പരിക്രമണം തുടരാം ജീവിതം മുഴുവൻ പരിക്രമണം ചെയ്യലും തീരാത്തത്ര പോഷക നദികളോടുകൂടിയ ബാണലിംഗങ്ങളോടുകൂടിയ നർമ്മദ സന്യാസ സങ്കല്പത്തിൻ്റെ ജ്ഞാനഹേതുതമായ അറിവിൻ്റെ അവതാര രൂപമാണ് അതിന് പരിക്രമണം ചെയ്തവരിക ഭാരതീയ സംസ്കൃതി ആ നർമ്മദയെയാണ് ബന്ധിച്ചത് പരിക്രമണം സന്യാസത്തിൻ്റെ തടയാം രാമക്ഷേത്രത്തിന് നിങ്ങൾ കല്ലുകൊണ്ടുപോകുമ്പോൾ നർമ്മദയുടെ തീരങ്ങളിലെ ആയിരം ക്ഷേത്രങ്ങൾ വെള്ളത്തിൽ അന്തർഭൂതമാകുമ്പോൾ ഒരു ഹിന്ദുവിനും വേദന തോന്നിയിട്ടുമില്ല ഒന്നും രണ്ടും ക്ഷേത്രമൊന്നുമല്ല ആയിരം പോയി എണ്ണി നോക്കാം അതൊക്കെ വെള്ളത്തിനടിയിലാണ് അതിലൊരെണ്ണം പോലും എടുത്ത് അങ്ങോട്ട് മാറ്റി വേറൊരെണ്ണം പണിതിട്ടില്ല ഭാരതത്തിലൊരു കോളിളക്കവും സംഭവിച്ചില്ല അന്നുമുതൽ ഇങ്ങോട്ട് ഭാരതത്തിൻ്റെ ജ്ഞാനപ്രവാഹത്തിന് തടയിടാൻ സാമ്പ്രദായികത്വത്തിനെതിരായി നീങ്ങാനുണ്ട് ഞാൻ സന്ദർഭം വന്നപ്പം വഴിവിട്ട് സൂചിപ്പിച്ചു എന്നേക്കും കിട്ടിയൊരവസരത്തിൽ അതിനിപ്പുറം ആ കാശ്മീരി തന്ത്രാഗമങ്ങളിലാണ് പാരമാണിവിക സങ്കല്പങ്ങൾക്കപ്പുറം പോകുന്നത് അണു പരമാണു ധനാണു എണാണു കർഷാണു കൃഷ്ണാണു സർഗാണു പര്യന്തം പരമാണുവിനെ വിഭജിച്ച് ധനാണുവും എർണാണുവും എന്ന് രണ്ട് എർണാണുവിനെ വിഭജിച്ച് സർഗാണുവും കൃഷ്ണാണുവും എന്ന് രണ്ട് സർഗാണു പര്യന്തം എത്തുമ്പോൾ പദാർത്ഥമില്ലാതാകുന്നു ഒരു അയൺ ടാബ്ലറ്റ് കൊണ്ടൊന്നും പൊടിച്ച് വെള്ളത്തിലിട്ടാൽ ലയിക്കില്ല ഫറംഫോസ് ഹോമിയോപ്പതിയിൽ നിന്നൊരു ത്രീ എക്സ് വാങ്ങിച്ചു കൊണ്ടെന്ന് വെള്ളത്തിലിട്ടാൽ ലയിക്കില്ല ആയുർവേദത്തിൻ്റെ നൂറ്റൊന്ന് കുടി ലോഹഭം മേടിച്ചുകൊണ്ടെന്ന് വെള്ളത്തിലിട്ടാലും ലയിക്കില്ല മറിച്ച് ഒരു കീഴാർനെല്ലി ഉണ്ടെന്ന് പിഴിഞ്ഞാൽ അത് വെള്ളത്തിൽ ലയിക്കും അതിനു ഇരുമ്പാവൂടും ഒരു മുരിങ്ങേല പിഴിഞ്ഞാൽ ലയിക്കും അതിലും ഇരുമ്പാവുള്ളൂ ഇരുമ്പ് സർഗാണു പര്യന്തം എത്തുമ്പോൾ പദാർത്ഥത്തിന്റെ സ്വഭാവം മാറുന്നു ഒരു മണ്ണിരയെ പിടിച്ചുകൊണ്ടെന്ന് വെള്ളത്തിലേക്ക് അരച്ചു എന്നാൽ ചെമ്പ് ലയിക്കില്ല ആ മണ്ണിരയെ ചുറ്റും ഭസ്മമാക്കി ആ ഭസ്മം മണ്ണിരയെ അരച്ചു കിടക്കി പൊളിപ്പിച്ച് അതിനെ ഒലയിൽ ഊതി എടുക്കുമ്പോൾ ചെമ്പ് വേർതിരിക്കാം ആയുർവേദത്തിൽ തത്യുണ്ട് ചെമ്പ് ഉപയോഗിക്കും അതുകൊണ്ടാണ് അപസ്മാരത്തിന് ആ ചെമ്പാണ് ഉപയോഗിക്കുന്നത് അതാണ് ഭൂനാഗ തൈലവും ഭൂനാഗ പ്രസാരണീ തൈലവും ഒക്കെ കൊടുക്കുന്നത് അല്ലാതെ അറിവില്ലാതെ വെറുതെ മണ്ണിനെ അരച്ചു അല്ല ഇന്ന് ഈ തത്വത്തിൽ നിന്ന് രൂപാന്തരപ്പെട്ടത് അതുകൊണ്ടാണ് പോയി ഒരു മുരിങ്ങേനെ എടുക്കുമ്പോഴും ഒരു കീഴാർന്നി പറിക്കുമ്പോഴും വർത്തമാനം പറയരുതെന്ന് പറയുന്നു സർഗാണു പര്യന്തം എത്തിയിരിക്കുന്നത് നിങ്ങളുടെ വാക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ വിചാര വികാരങ്ങൾ ഇവ കൊണ്ട് അതിൻ്റെ ഔഷധത്തിൻ്റെ പ്രഭാവത്തിന് ചലനമുണ്ടാവും പാരമാൺവിക സംയോഗത്തിലാണ് പഞ്ചലോഹം കൂട്ടുണ്ടാക്കുന്നത് പാരമാൺവിക സംശ്ലേഷത്തിലാണ് വെള്ളോട് കൂട്ടിയോജിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അത് മറച്ചുണ്ടാക്കുന്നത് കൃത്യമായ പഞ്ചലോഹക്കൂട്ടും കൃത്യമായ വെള്ളോട്ട് കൂട്ടുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കാണുന്നവൻ്റെ മനസ്സുകൊണ്ട് മാറും ഇപ്പം ഉണ്ടാക്കുന്നത് പഞ്ചലോഹമോ വെള്ളോടോ ഒന്നുമല്ല അതിൽ സ്ക്രാപ്പൊക്കെ കൂടെ ഒരുക്കി ഒരുക്കുക അത് പാരമാണിക യോജനമല്ല ആ പാരമാണിക യോജനമുള്ള ഒരു വെള്ളോട് വീട്ടിൽ പൊട്ടിയാൽ അച്ഛനും അമ്മയും കാരണം എന്തോ ആപത്തിൻ്റെ നാന്തിയാണത് കാരണം അവിടെ മനസ്സും വസ്തുവും ഒന്നാണ് ഇതൊന്നും ദഹിക്കാവുന്ന പ്രായത്തിലായിരിക്കില്ല ഇതിന് പ്രായം പിടി വേണം ഇപ്പം തലങ്ങൾക്കപ്പുറം അപാണവ രേണുക്കളെ പഠിക്കുന്ന സബാറ്റമിക് തലങ്ങൾ നാരായണ ഗുരു ആ പാരമാിക സംയോജനത്തിനും അപ്പുറം നിലകൊള്ളുന്ന തന്മാത്രാന്തര ഘടനയെ സൂചിപ്പിക്കുന്ന അതാണ് അവിടെ ആ പൊരി ബോധത്തിന്റെ പൊരി തന്മാത്രയ്ക്ക് മലയാളത്തിൽ കൊടുത്ത അർത്ഥം അറിവിൻ പൊരിവീണ് സ്ത്രീസൂക്തത്തിലും മറ്റും മിന്നലുണ്ടാകുമ്പോ ഇതുപോലുണ്ടാവും രോഹന്തി സർവഭൂതാനി ഒരു മിന്നലിൽ ഭവന്തീതി ഭൂതാനി ഭൂതതന്മാത്രകൾ ഉണ്ടാകുന്നു ഒറ്റ മിന്നൽ വന്നു പോകുമ്പോ കണ്ടിട്ടില്ലാത്ത ഒരുപാട് പുതിയ ഉണ്ടാകുന്നു അതുകൊണ്ട് കാരണവും കാര്യവും ഇല്ലേ ഈ ലോകത്ത് മാവിന് അണ്ടി കാരണമാണെങ്കിൽ അണ്ടിക്ക് മാവ് കാരണമാണെങ്കിൽ ഏത് കാരണവും ഏത് കാര്യവും കാര്യകാരണപടലീ പ്രപഞ്ചം ബോധത്തിന്റെ സ്കുലിംഗത്തിലുണ്ടാകുന്നു പ്രപഞ്ചാതിശായിയായ ബോധത്തിന്റെ സ്കുലിംഗത്തിലാണ് ജനിക്കുകയും സർജിക്കുകയും വികസിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു രോഗങ്ങളും മൃത്യുവും എല്ലാം ബോധത്തിൻ്റെ അന്തരാളങ്ങളിൽ നിബൃതങ്ങളാണ് ഇത് ദർശിച്ചു കഴിഞ്ഞ ഋഷിയുടെ പാരമ്പര്യം ദർശിക്കണം അല്ലാതെ ഒന്നും വിശ്വസിക്കാമൊന്നും പറ്റില്ല ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അന്തമായി കാരണം ആരോ ഒരുത്തൻ കണ്ടുപിടിച്ചിട്ടുണ്ട് അധ്യാപകൻ ക്ലാസ്സിൽ നിന്ന് ഒരു ജോക്ക് കാണിച്ചിട്ട് സപ്പോസ് ആൻഡ് കോറിങ് സംക് ആസിഡി വട്ട് ും ഇട്ട് താഴേക്ക് ഒരു ആരോ ഇട്ട് എല്ലാം മനസ്സിലായില്ലേ മനസ്സിലായി സാർ പിന്നെ പരീക്ഷ എഴുതാൻ മാർക്കും വാങ്ങിക്കാം അത് അന്ധവിശ്വാസമല്ലാത്ത ഈ ലോകത്ത് മാനവശാസ്ത്രത്തിന്റെ അതിചാരിതയുള്ള ശുതിയുക്തി അനുഭവങ്ങളിലൂടെ മാനവചേതനയെ ഉത്സർജ്ജനം ചെയ്തുകൊണ്ടുപോയി ആദിഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമായ സമസ്ത ദുഃഖങ്ങളും കളഞ്ഞ് അറിവിൻ്റെ ചാരുതയാർന്ന ഭാവങ്ങളിൽ മുക്കിയെടുക്കുന്ന അവിടെ എങ്ങനെ അറിവ് ആ പൂർണ്ണമായ ബോധവും അതിൻവണ്ണം ഒരു അറിയപ്പെടുന്നതിൻ്റെ കാഴ്ച പോലെ ഉളവാക്കിയതുപോലെയുള്ള അറിയപ്പെടുന്നതിൻ്റെ ആ കാഴ്ച പോലെയുള്ള ആ കാഴ്ചയെ ഉണ്ടാക്കുന്നത് പോലെയുള്ള അറിയുന്നവനൊന്ന് അറിയുന്നവനായ അഹങ്കാരമൊന്ന് അറിയുന്നതിൽ ആറ് അറിയപ്പെടുന്നവയിൽ ബുദ്ധി അറിയുന്നതിലാറ് ബുദ്ധി പഞ്ചതന്മാത്രകൾ ആറ് ആറണം അഞ്ച് തന്മാത്രകൾ ഇത് ഈ അറിവ് എട്ടുമായിടും ഇവിടെ നാരായണ ഗുരു എട്ട് തരം അറിവിനെ പറയാം അപ്പോ അറിയും അതിൻവണ്ണം ചെന്ന് അറിയുന്നവന് പകർന്ന് പിന്നീടും അറിയപ്പെടും ഇതിലൊന്ന് അറിവ് അറിയുന്നവൻ അറിവിൻ ഒരു വീണ് ചിന്തി അഞ്ചായി അഞ്ചും ആ ഒന്നും ആറും അറിയുന്നവനും അറിയും അവയത്ര അറിവും പൂർണ്ണമായ ബോധം അതിൽ വണ്ണം ചെന്ന് അറിയുന്നവനിൽ അറിയുന്നവൻ രണ്ട് അറിയുന്നവനിൽ ആ അറിയുന്നവന്റെ ഒപ്പം അറിയുന്നതിൽ ആറ് അത് അറിയപ്പെടുന്നവയിൽ ബുദ്ധി അഞ്ച് തന്മാത്രം അങ്ങനെ അഞ്ചായി ചിന്തി അഞ്ചും ചേർന്ന് ഇത് ഈ അറിവ് എട്ടുമായി എന്ന് പറയുക അങ്ങനെ അറിവും അതിൻവണ്ണം ചെന്ന് അറിയുന്നവനിൽ പകർന്ന് പിന്നീടും അറിയപ്പെടും ഇതിലൊന്നീ അറിവിൻ പൊരി വീണ് ചീന്തി അഞ്ചായി അഞ്ചായിട്ട് ചീന്തി അതെല്ലാം ആകെ എത്ര എണ്ണം ആകെ എത്രയെണ്ണം അഞ്ചോ ഒന്നും ആറും അറിയുന്നവനിൽ പകർന്ന് അറിയുന്നവന്റെ തോന്നലുളവാക്കി പിന്നീട് അറിയപ്പെടും ഇതിൽ അറിയപ്പെടുന്നതായി തോന്നിയ ആ ഭാഗത്ത് ഈ അറിവിൻ പൊരി തന്മാത്ര ഈ അറിവിന്റെ ഒരംശം സ്പന്ദിച്ച് ചീന്തി അത് പിളർന്ന് അഞ്ചായി ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ആ ശബ്ദസ്പർശ രൂപ രസഗന്ധാദികളിൽ നിന്ന് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ഇങ്ങനെയാണ് പഞ്ചഭൂതങ്ങളുണ്ടായത് അപ്പൊ ആദ്യം ഇത് ആ ബോധത്തിൽ എങ്ങനെ വന്നു അങ്ങനെ എത്തണം ഇനി അറിയപ്പെടുന്ന ബുദ്ധി പഞ്ചതന്മാത്രകൾ അറിയുന്നവൻ അഹങ്കാരം മൂലഭൂതമായ അറിവ് ഈ എട്ടെണ്ണമായത് എങ്ങനെയാണ് എട്ടുമായിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ് അത് പറയാം അറിയുന്നവനെന്നറിയാം അറിവെന്ന് അറിയുന്നവനുമെന്നാകിൽ അറിവൊന്ന് അറിയുന്നവനൊന്ന് അറിയുന്നതിൽ അരിതെട്ടുമായിടും അറിയുന്നവൻ അറിയുന്നവനായ അഹങ്കാരം അറിയുന്നവനെന്നറിയാം അറിയുന്നവനാണ് ഞാനെന്ന ബോധമുണ്ട് അപ്പൊ അറിയുന്നവനായ അഹങ്കാരത്തിനും അറിയുന്നവൻ എന്നറിയാം അഹങ്കാരത്തിനും അറിയുന്ന അറിവ് എന്നതാണ് അറിവ് അഹങ്കാരത്തിനും അറിയുന്നവനാണ് ഞാനെന്ന ബോധമുണ്ട് എന്ന് അറിവ് ആ അറിവ് എന്നാകിൽ എന്ന് വന്നാൽ അറിവൊന്ന് അതിന് എണ്ണി പറയാം ഒരു അറിവ് രണ്ട് അറിയുന്നവനൊന്ന് അറിയുന്നവനായ അഹങ്കാരം അറിയുന്നതിൽ ആറ് അറിയപ്പെടുന്നവയിൽ ബുദ്ധി ഒന്ന് അഞ്ച് തന്മാത്രങ്ങൾ അങ്ങനെ എട്ട് ഇത് ഈ അറിവ് ഇങ്ങനെ എട്ടായി പിരിഞ്ഞു നിൽക്കുന്നു ഇതാണ് ആകെ അറിവ് അപ്പൊ അറിവ് അഹങ്കാരം അറിയപ്പെടുന്ന ബുദ്ധി ബുദ്ധിയിൽ നിന്ന് ഉണ്ടായ സത്വം തമസ് രജസ് എന്നിവയിലെ ഹങ്കാരത്തിൽ രാജസാഹങ്കാരത്തിൽ നിന്ന് അതിലാ സൃഷ്ടിക്കുന്നത് പഞ്ചതന്മാത്രകൾ ബുദ്ധിയും പഞ്ചതന്മാത്രകളും അതിലാസൃഷ്ടിക്കുന്നു അഹങ്കാരത്തിൽ അതിൽ നിന്നുണ്ടായ പഞ്ചതന്മാത്രകൾ ഇങ്ങനെ എട്ട് ആകെ അവസാനം പതിനഞ്ച് അറിയപ്പെടും ഇതിനൊത്തി അറിവേഴൊന്നിങ്ങുതാനുമെട്ടായി അറിവിങ്ങനെ വെവ്വേറായി അറിയപ്പെടുമെന്നതും വിടുത്തിയിൽ അറിയപ്പെടുമെന്നതിന് അറിയപ്പെടുന്നവയോട് അപ്പൊ അറിയുന്നവനായ അഹങ്കാരം അറിയപ്പെടുന്ന ബുദ്ധി അഞ്ച് തന്മാത്രകൾ ഇവയോട് അറിവ് വേർതിരിഞ്ഞ് അത് കൂടിച്ചേർന്നതാണ് ഇത് ആ അറിവിനെ വേർതിരിക്കാത്തിടത്തോളം അഹങ്കാരം ആ അറിവിനെ ഇങ്ങനെ വിവച്ഛേദിക്കാത്തിടത്തോളം അഹങ്കാരം ബുദ്ധി മുതലായി അറിയപ്പെടുന്നു എന്ന് തോന്നുന്ന ഏത് അറിവ് വേർതിരിഞ്ഞതോടെ വും അറിയപ്പെടുന്നവയുടെ കൂട്ടത്തിൽപ്പെട്ടു അങ്ങനെ വേർതിരിച്ചാൽ അഹങ്കാരവും അറിയപ്പെടുന്ന വസ്തുവായി ആ നിലയിലാണെങ്കിൽ വേർതിരിച്ചറിയുമ്പോഴുണ്ടാകുന്ന അനുഭവം പറയുക അറിയപ്പെടുമെന്നതിന് അറിയപ്പെടുന്നവയോട് ഈ അറിവ് ഒത്തു മേൽക്കാണിച്ച് അറിവ് ചേർന്ന് ഏഴും ഒന്നിങ്ങ് ും പിന്നെ താനും ചേർന്ന് എട്ടായി എട്ടായി വേർ വിരിയുന്നു അപ്പൊ എട്ടെണ്ണായി അത് വിടർത്തിയ പലതായി കാണാൻ മുതിർന്നാൽ അതിനെ പലതായി കാണാൻ മുതിർന്നാൽ ഇങ്ങനെ ഈ രീതിയിൽ അറിവ് തന്നെ വെവ്വേറെ വേറെ വേറെ പലതായി എന്നതും എന്ന വസ്തുതയും അറിയപ്പെടും അറിയാനിടയാവും ഇങ്ങനെ എത്ര വരെ വേണമെങ്കിൽ പോകും ഈ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഞ്ചു എട്ട് ആ എട്ട് പിന്നെ പലതായിട്ടങ്ങ് പോയാൽ എത്ര വരെ വേണമെങ്കിൽ പോവും അവ പുറത്തേക്ക് നോക്കിയാൽ ഇങ്ങനെയാണിത് വികസിക്കുന്നത് അകത്തേക്ക് നോക്കിയാൽ തത്പതലക്ഷ്യാർത്ഥമറിഞ്ഞ് അതിലാണിത് മുഴുവൻ എന്നറിഞ്ഞ് നിർവികൽപ്പമായ സമാധിയിൽ ഇതിനെ മുഴുവൻ ഈ പൊരുൾ മുഴുവൻ അടങ്ങി നിസ്തന്ത്രമായിരുന്നാൽ ശാന്തമായി യോഗിയായി ഇരിക്കാം തിരിച്ച് പുറത്തേക്ക് പോയാൽ ഇതെല്ലാമായി അങ്ങനെയാണെങ്കിൽ ഈ പുറത്തേക്ക് പോകുന്നത് മുഴുവൻ സങ്കല്പമാണെങ്കിൽ ഒരു യോഗിയുടെ സങ്കല്പത്തിലാണ് ഈ വിശ്വം സങ്കല്പപ്രഭവമാണ് ഈ വിശ്വം സൃഷ്ടിക്ക് സങ്കല്പമേ വേണ്ടു ഇങ്ങനെയാണ് ഇതിന്റെ അറിവ് സങ്കല്പത്തിലാണ് ഇത് മുഴുവൻ സങ്കല്പം ഒരേ വസ്തുവിൽ അനേകം പേർക്കുണ്ടാവുമ്പോൾ വഴക്കായി ഒരേ സങ്കല്പം വസ്തുവിൽ പലർക്കുണ്ടാവുമ്പോൾ വഴക്കായി ഇല്ലെങ്കിൽ വഴക്കില്ല രമ ഒരു കുഞ്ഞ് അമ്മയെ സ്നേഹിക്കുന്നു ആ കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്നു വേറൊരു കുഞ്ഞും കൂടി ആവുമ്പോൾ സങ്കല്പമായി അപ്പോൾ കുഞ്ഞുങ്ങളിലൊന്നും വഴക്കായി നിങ്ങൾ ക്ലാസ്സിനൊക്കെ വന്നിരിക്കുന്നു സ്ത്രീയും പുരുഷനുമൊക്കെ ക്ലാസ്സിനുണ്ട് പരസ്പര സ്നേഹമുണ്ട് വിശ്വാസമുണ്ട് അതൊക്കെ ഒരാളോട് മാത്രം കൂടുതലായിട്ട് വൃത്തമാനം പറഞ്ഞാൽ വഴക്കായി ി പറയും ഒരു സ്വാമിയോ സ്വാമിനിയോ ആരെങ്കിലും ഉണ്ട് ഒരാൾ കരിച്ചെന്ന് കുറച്ചു നേരമായിട്ട് ഇറങ്ങിപ്പോയിരുന്നില്ല എന്തോ ഇതിന് മാത്രം പറയേണ്ടിയിരിക്കുന്നത് ഇങ്ങനെ കുറേ നേരമല്ലേ കരുതിരിക്കുന്നേ എന്തൊക്കെയോ നുണയും മേഷണിയുമൊക്കെ പറയായിരിക്കും ഇപ്പോഴത്തെ സ്വാമിയാണ് ഒരു സ്ത്രീയാണ് കരിച്ചെന്ന് കുറച്ചേരായിരുന്നിങ്ങനെ വർത്തമാനം പറയുക എന്തോ ഇവിടെ പറയേണ്ടിന് മാത്രം വരും പതിവായിട്ട് ഇപ്പൊ കാണുന്നുണ്ടല്ലോ അയാൾ ഒരു അനുക്കാക്കുമെന്നാണ് തോന്നുന്നേ എന്നൊരു പക്ഷം അത് കേടില്ല എന്നാണ് തോന്നുന്നത് വേറൊരു പക്ഷം ഇതൊക്കെ സങ്കല്പ പ്രഭവമാണ് കുറേ പ്രാവശ്യമാകുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആയാൽ എന്താണെന്ന് അവർക്കും ഒരു തോന്നല് വന്നാൽ കുറേ കൂടെ പ്രശ്നം അപ്പോഴാണ് ചിലർ കുറെ ഞാൻ അമ്മയെ പറഞ്ഞില്ലേ ഇതിങ്ങനെ വരുമെന്ന് അപ്പോൾ പറഞ്ഞത് സങ്കല്പം പ്രഭവമായി വിശ്വമായി ഞാൻ അമ്മയെ ഇതിൻ്റെ തലം കണ്ടതാണ് അടിയൻ ഇത് പകലേ കണ്ടതാണെന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഇതാണ് ഈ ലോകം ഈ ലോകം ആകെ ആലോചിച്ചാൽ ഈ സങ്കല്പത്തിലേ ഉള്ളൂ അതുകൊണ്ട് ബുദ്ധിമാൻ സങ്കല്പപ്രഭവമാണ് വിശ്വമെന്നറിഞ്ഞ് സങ്കൽപ്പാതീതമായി ചലിക്കാതെ നിൽക്കുന്നു ചലിക്കുന്നതൊക്കെ അവൻ കണ്ട് അവന്റെ ചലനങ്ങളും അവൻ രസിക്കുന്നു ായാൽ ഗംഭീരായി നാരായണ ഗുരുവിന്റെ അറിവ് എന്ന കൃതി അറിവിൽ സദാ സർവതാ നിൽക്കാൻ നിങ്ങൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അറിവിന്റെ ആന്തോളനങ്ങളായ ഈ വിശ്വരചന എന്നേക്കുമായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ പാരമ്പര്യങ്ങൾ നിങ്ങളിൽ വർദ്ധിക്കട്ടെ നാരായണ പൂർവ്വാചാര്യന്മാരുമെല്ലാം നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊല്ലിയെ നാരായണ ഗുരുവിനെയും ആചാര്യന്മാരെയും എല്ലാം അവരുടെ ദർശനങ്ങളിലൂടെ പഠിക്കണമേ അവർ ജനിച്ച മണ്ണിൻ്റെയും അവരുടെ നാമരൂപങ്ങളുടെയും പേരിൽ പഠിക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ ദർശനങ്ങളെ ഉൾക്കൊള്ളുന്നവർ മാത്രമാണ് പാരമ്പര്യം ഉള്ളവർ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കാം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ അനുവദിച്ച സമയത്തിനുള്ളിൽ ചോദിക്കാം പറയാം ഒന്നുമില്ല എന്ന് വിചാരിക്കാം എന്ന് ഉപസംഹരിക്കാം ഓം സത്സന്ന വേദ പുരണനവരം പ്രജ്വലിക്കുന്ന ദിവ്യ സ്വന്തശ്രീപുണ്ട് പദാശ്രിതബോധം വളർത്തി ശാന്താത്മാവൈ സദാ തസ്മൃതിയൊടുവിലും ദൈവമേ സദ്ഗുരുനാരായണ സ്വാമി തൃപാദവത്മം തൊഴുന്നൻ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നത് ഒരുവനും ഒരു കാര്യം സത്യമല്ലാതെയുണ്ടോ പരമികളൊരു ദൈവം അച്ചനിക്കില്ല പത്തൽ പരമശിവനദാ ആചാര്യനെ കൈതൊഴുന്നൻ ഗംഗ സംഗീത മൗലിയിൽ കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീ ചിതറുന്ന തിങ്കളും അണിനീടുന്ന അംഗം വാദികരീന്ദ്രകന്യകഥനിക്കായുട്ടു നൽകിയിടുവൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരനിക്കറ്റം തുണശ്ശീലമാണ് ഹരി